അധ്യായം പന്ത്രണ്ട് യഫ്രയും കാറ്റിലിഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ ഇടവിടാതെ പോഷ്ക്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു മിശ്രയുമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു യഹോവയ്ക്കും യഹൂദയോടും ഒരു വ്യവഹാരം ഉണ്ട് അവൻ യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു അവൻ വേധലിൽ വച്ച് അവനെ കണ്ടെത്തി അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോവയെന്നാകുന്നു അവന്റെ നാമം അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക ദയ്യം ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക അവൻ ഒരു കനാന്യനാകുന്നു കള്ളത്തുലാസ് അവന്റെ കയ്യിലുണ്ട് പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ എഫ്രയും ഞാൻ സമ്പന്നനായിത്തീർന്നു എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു ഞാനോ മിസ്രൈൻ ദേശം മുതൽ നിന്റെ ദൈവമായ ഹോവയാകുന്നു ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിലെന്ന പോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കും ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ച് ദർശനങ്ങളെ വർധിപ്പിച്ച് പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു ദ്യർ നീതികെട്ടവറെങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നുവെങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആകും യാക്കോബ് അരാം ദേശത്തിലേക്ക് ഓടിപ്പോയി ഇസ്രയേൽ ഒരു ഭാര്യയ്ക്കുവേണ്ടി സേവ ചെയ്തു ഒരു ഭാര്യയ്ക്കു വേണ്ടി ആടുകളെ പാലിച്ചു യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു യഫ്രൈം അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു ആകയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്നയ്ക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയും ചെയ്യും